അതുപോലെ തന്നെ അന്ന് മക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളി ഒന്നായിരുന്നു കള്ളു കുടിക്കുകയും വിഭിചാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നബ്സ അള്ളഹു വലും വിട്ടു തന്നിരുന്നു മദ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരെ മദ്യം കുടിക്കാത്ത ആൾക്കാരെ കണ്ടെത്താൻ പ്രയാസം നബ്സ അള്ളാഹു വലും മദ്യം കഴിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ അവിടത്തേക്ക് അങ്ങേയറ്റത്തെ സ്ഥാനമുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അവിടത്തേക്ക് മക്കയിൽ ഏറ്റവും നല്ല സ്ഥാനമുണ്ട് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ് വിചാരത്തിലേക്ക് അതല്ലെങ്കിൽ മോശമായ കാര്യത്തിലേക്ക് പോകാനുള്ള എല്ലാ വടികളുമുണ്ട് പക്ഷേ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം അത്തരം തിന്മകളിലേക്ക് യാതൊരു നിലക്കും പ്രവേശിക്കുകയുണ്ടായില്ല അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് മക്കാർക്കിടയിൽ സത്യസന്ധത കൊണ്ട് ഏറ്റവും അറിയപ്പെട്ടിരുന്നു അവിടുത്തെ ദാവത്തിന്റെ തുടക്കത്തിൽ പ്രബോധനത്തിന്റെ ആരംഭത്തിൽ അള്ളാഹുന്റെ റസൂൾ സല്ലാഹു അലൈഹി വസ്ല്ലം മക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയതിനു ശേഷം അള്ളാഹുന്റെ റസൂൾ ചോദിച്ചു ഞാൻ നിങ്ങളോട് അപ്പുറത്ത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി ഒരു സൈന്യം നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അവർ പറഞ്ഞു തീർച്ചയായും വിശ്വസിക്കും ഇതുവരെ നീ കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല സുഫാൻ അള്ളഹാ ഇന്ദ്രീ കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല ഒരിക്കൽ പോലും മുഹമ്മദ് ഒരു കളവ് പറഞ്ഞത് മക്കാർ കേട്ടിട്ടില്ല അത്രമാത്രം മുഹമ്മദിനെ അബ്സുല്ലാ വസ്സലും അവർക്ക് വിശ്വാസമായിരുന്നു സുഫി സുഫിയാൻ അദ്ദേഹം പിന്നീടാണ് സുഹാബിയാകുന്നത് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം മുഷിരിക്കായിട്ടാണ് ജീവിച്ചത് പിന്നീടാണ് അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം അബു സല്ലാഹലി വസ്സലം മക്കം വിജയിച്ചടക്കിയതിനു ശേഷമാണ് അബു സുഫിയാൻ മുസ്ലിം ആകുന്നത് അബൂ സുഫിയാൻ മുഷിരിക്കായിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പേർഷ്യയിലെ രാജാവു ആയിരുന്ന അടുക്കലേക്ക് ചെന്നു ഹിർക്കൽ മുഹമ്മദിനെ കേട്ടിട്ടുണ്ട് മക്കയിൽ നിന്ന് ചില ആളുകൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂ സുഫിയാനെയും കൂട്ടരെയും ഹിർക്കൽ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു ആ കൂട്ടത്തിൽ ഹിർക്കൽ ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാദം അത് പറയുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും മുഹമ്മദ് ഒരു കളവ് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അബൂ സുഫിയാൻ പറഞ്ഞൂല്ല ഒരിക്കലും മുഹമ്മദ് കളവ് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് അബൂ സുഫിയാൻ മുന്നിലാണ് ഇരിക്കുന്നത് ബാക്കി എല്ലാവരും ബാക്കിലാണ് അബൂ സുഫിയാൻ പറയണം ഞാനെങ്ങാനും മഹമ്മദിന്റെ മേൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലുള്ള ആളുകൾ എന്നെ ആക്ഷേപിക്കുമോ എന്നെ പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കളവ് പറയുന്നു പക്ഷെ അവരോട് കൂടി ആലോചിക്കാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ഹിർക്കൽ നേരെ ചോദിച്ചുകൊണ്ടിരിക്കാൻ അവരെല്ലാവരും ബാക്കിലാണ് അപ്പൊ കൂടിയാലോചിക്കാമേ കളവ് പറയണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഞാൻ അവരോട് സത്യം പറഞ്ഞു മുഹമ്മദ് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല അപ്പോ ഇത് കേട്ടപ്പോൾ ഹിർക്കൽ അദ്ദേഹം പറഞ്ഞു സ്വന്തം കാര്യത്തിനു വേണ്ടി ഇതുവരെ കളവ് പറയാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുന്നത് ഇത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും ചിന്തിക്കാൻ സഹായകമാകേണ്ട കാര്യമാണ് അള്ളാഹുന്റെ റസൂൾ അലൈഹി വസ്ല്ലം ഒരിക്കൽ പോലും അവിടുന്ന് കളവ് പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല ചരിത്രത്തിൽ ആ കാര്യം സംശയങ്ങൾക്ക് ഇടനൽകാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യമാണ് അലഹി വസല്ലമ്മയുടെ ജീവിതം അത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ഒരിക്കൽ പോലും തമാശക്ക് പോലും ആയിരക്കണക്കിന് നബി സാഹു അലൈഹി വസിയുടെ ഹദീസുകളിൽ ഒന്നിൽ പോലും റസൂൾ ഉള്ള തമാശക്കെങ്കിലും ഒരു കളവ് പറഞ്ഞ് സ്ഥിരപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ സത്യം പറഞ്ഞ എങ്ങനെയാണ് ലോകങ്ങളുടെ സർത്താവായ അള്ളാഹുവിനെ കളവ് പറയുക എങ്ങനെയാണ് പരലോകമുണ്ട് എന്ന് കളവ് പറയുക എങ്ങനെയാണ് മക്കാരെല്ലാവരും അൽ അമീൻ എന്ന് ഒരുമിച്ച് വിളിച്ച ഒരു മനുഷ്യൻ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും ഒരു കളവിനു വേണ്ടി ഉറച്ചു അങ്ങനെ ഒരാൾക്കത് സാധിക്കുക ഒരിക്കലും സാധിക്കുകയില്ല റസൂളുള്ളയുടെ ജീവിതം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇസ്ലാം സ്വീകരിക്കുക എന്നതല്ലാത്ത മറ്റൊരു വഴിയും അയാളുടെ മുന്നിൽ കാണാൻ സാധിക്കുകയില്ല ശരി അതുപോലെ തന്നെ അലി വസ്ല്ലം അവിടുന്ന് ജാഹലിയ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച കാര്യങ്ങളിലൊന്നാണ് അല്ലെങ്കിൽ റസൂളുള്ളക്ക് പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നായിരുന്നു കവിതയെന്നത് അറബികൾ കവിതയിൽ അറിയപ്പെട്ട ആളുകളാണ് അവർ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല കവിതകളാണ് ഏഴും അല്ല കാറ്റുകൾ അത് കബയുടെ ചുവരിൽ അവരെ എഴുതി വെക്കുമായിരുന്നു അറബി ചരിത്രത്തിൽ അതുപോലെയുള്ള കവിതകൾ മറ്റൊന്നും രചിക്കപ്പെട്ടിട്ടില്ല അത്ര മനോഹരമായ കവിതകൾ സാഹിത്യത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു അവർ അവർ ഫഹർ നടിച്ച് കാര്യങ്ങളിലൊന്ന് അവരുടെ ഭാഷയായിരുന്നു അതുകൊണ്ടാണ് അറബികൾ അനറബികൾക്ക് നൽകിയ പേര് ആജിം എന്നാണ് ആജിം എന്ന് പറഞ്ഞാൽ അജ്മത്തുല്ലിസാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നാവിന് സംസാരിക്കാൻ കഴിവില്ലാത്ത അവസ്ഥക്കാണിത് പറയാൻ അതായത് അറബികൾ അവർ സ്വയം കണ്ടിരുന്നത് അറബികളല്ലാത്ത ആളുകൾ അവർക്ക് സംസാരിക്കാൻ കഴിയില്ലാന്ന് അവരുടെ ഒരാളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയത്തിലുള്ള വികാരങ്ങൾ നാവിലെത്തിക്കാൻ പറ്റാനുള്ളതാണ് അതിന് അറബിയെ പോലെ കഴിയുന്ന മറ്റൊരു ഭാഷയില്ല അറബി ഭാഷയിലുള്ള അവരുടെ കഴിവിന്റെ കാഠിന്യം കാരണം അനറബികൾക്ക് അവർ നൽകിയ പേര് ശരിയായ മലയാളം പറയുകയാണെങ്കിൽ പൊട്ടന്മാരെന്നാണ് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ അപ്പൊ അവർ കണ്ടിരുന്നത് അണറബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഷ അറിയില്ല അത്ര അവർ ഫഹർ അടിച്ചിരുന്ന കാര്യമാണ് കവിത അവരുടെ ഭാഷ പക്ഷേ പൊതുവെ കവികൾ അവർക്കിടയിലെ കവികൾ എല്ലാ തിന്മകളുടെയും നേതാക്കന്മാരായിരുന്നു എല്ലാ ഹറാബുകളും നടക്കുന്ന ആളുകൾ എല്ലാ വൃത്തികേടുകളിലും അവരെ കാണാൻ സാധിക്കും കവികളുടെ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതകൾ വായിക്കാന്ന് പറഞ്ഞാൽ അത്ര വൃത്തികേടുകൾ നിറഞ്ഞതാണ് വായിച്ച് പറയുക എന്നത് അത്ര പ്രയാസകരമാണ് കാരണം സ്ത്രീയെ വർണ്ണിക്കലും മദ്യത്തെ വർണ്ണിക്കലും മോശമായ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളും എല്ലാ മ്ലേച്ഛതകളും അവരുടെ കവിതകളിൽ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ കവികൾ പൊതുവെ അന്നത്തെ കാലഘട്ടത്തിൽ മോശക്കാരായി അറിയപ്പെട്ട ആളുകളാണ് അള്ളാഹുവിന്റെ അലൈഹി വസല്ലമയാകട്ടെ അവിടുത്തേക്ക് കവിത വഴങ്ങിയിരുന്നില്ല അള്ളാഹു സുഭാനുഹൂത്ത് അല്ല റസൂളയെ സംരക്ഷിച്ച രൂപങ്ങളിൽ ഒന്നായിരുന്നു അത് ഖുർആനിൽ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലാഹു പറഞ്ഞു നാം അവിടത്തേക്ക് കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അത് അവിടത്തേക്ക് യോജിക്കുകയുമില്ല കവിത റസൂളുള്ളക്ക് യോജിക്കില്ലായിരുന്നു ഒരിക്കൽ ചില റിവായത്തുകളിൽ വന്നതായി കാണാം റസൂൾ ഉള്ള ഒരിക്കലൊരു കവിത പറയാൻ ശ്രമിച്ചു അതാകെ പഴച്ചുപോയി യില്ല കവിത അവിടത്തേക്ക് നാവിന് വഴങ്ങിയിരുന്നില്ലാ ഭാര്യ അവരോട് ഒരിക്കൽ സഹാബികളിൽ ചിലർ ചോദിച്ചു അള്ളാഹുന്റെ റസൂൽ അവിടത്തേക്ക് കവിത കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് അവിടത്തേക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയമായിരുന്നു ത് റസക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരുന്നു എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കവിതകളും മോശമാണ് കവിതകൾ പാടില്ല എന്നല്ല നബി സല്ലാഹുഅലി വസ്ല്ലം ചില സന്ദർഭങ്ങളിൽ ചില കവിതകൾ കേട്ടിട്ടുണ്ട് ഹിക്മത്തുള്ള കവിതകൾ പറഞ്ഞു സംസാരത്തിൽ ഒരു മാസ്മരികതയുണ്ട് ആളുകളെ മയക്കുന്ന ഒരു മാസ്മരികത സംസാരങ്ങളിലുണ്ട് ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഹക്ക് ബാത്തിലായി തോന്നും ബാത്തിൽ ഹക്കായി തോന്നും സംസാരത്തിന്റെ കഴിവാണ് അത് അതുപോലെ തന്നെ കവിതയിൽ ചിലപ്പോൾ ചില യുക്തികൾ ഉണ്ടായിരിക്കും റസൂൾ ചില സമയത്ത് കവിതകൾ കേട്ടിട്ടുണ്ട് അല്ല അള്ളാഹുവിന്റെ അവിടുത്തെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു ഹസാൻ അവിടുത്തോട് റസൂറുള്ള പറയുമായിരുന്നു ഊഹുരിക്കസൂള്ള കളിയാക്കിക്കൊണ്ട് മുഷിരിക്കുകൾ കവിത എഴുതും അപ്പൊ അതിന് മറുപടി ആയിക്കൊണ്ട് ഹസാൻ നീ മറുപടി പറയുക ജിബ്രിയിൽ നിന്നോടൊപ്പമുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി ജിബ്രിയിൽ നിന്നോടൊപ്പമുണ്ട് എന്ന് നബി സല്ലാ അലിഹു വസ്ല്ലം പറയാറുണ്ടായിരുന്നു ചുരുക്കത്തിൽ അള്ളാഹുന്റെ റസുൽഹു അലി വസ്ല്ലം അവിടത്തേക്ക് കവിത യോജിച്ചിരുന്നില്ല അവിടുന്ന് കവിത കവിതയിൽ നിന്ന് വിട്ടു കാരണങ്ങളിൽ ഒന്ന് അക്കാലഘട്ടത്തിൽ കവികൾ മോശക്കാരായി പൊതുവെ അറിയപ്പെട്ടിരുന്നു അങ്ങനെ പൊതുവെ അറിയപ്പെട്ട ഒരു സമൂഹത്തിൽ അവരോട് സാദൃശ്യമുള്ളവനായി മാറുക എന്നത് സല്ലഅള്ളാഹു അലിഹി വസല്ലമ്മയുടെ കാര്യത്തിൽ യോജിക്കുന്നതല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോ ചില കാര്യങ്ങൾ അനുവദനീയായിരിക്കും പക്ഷെ അത് പൊതുവേ ചെയ്യുന്നത് വൃത്തിയെട്ട ആളുകളായിരിക്കും അങ്ങനെയാണെങ്കിൽ സംസ്കാരമുള്ള ഈമാനുള്ള ആളുകൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ അനുവദനീയമായ കാര്യമായിരിക്കും പക്ഷെ അത് പൊതുവെ നാട്ടിൽ ചെയ്യുന്നത് ചിലപ്പോൾ അത്ര സംസ്കാരമില്ലാത്ത ആളുകളായിരിക്കും അത് അവരുടെ ഒരു അടയാളമായി മാറിയിട്ടുണ്ടാവും പുഷാക്കുകളുടെ അടയാളമായി ഉദാഹരണത്തിന് ചില വസ്ത്രങ്ങൾ അത് അടിസ്ഥാനപരമായി ചിലപ്പോൾ അനുവദനീയമായിരിക്കും പക്ഷെ നാട്ടിൽ അത് പൊതുവേ ധരിക്കുന്നത് ചമ്മാടികളായ ആളുകളായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈമാനുള്ള ആളുകൾ അത് ധരിക്കാൻ പാടില്ല അതല്ലെങ്കിൽ ചില വാഹനങ്ങൾ അത് പൊതുവെ നാട്ടിൽ മോശക്കാരായ ആളുകൾ ധരിക്കുന്നതായിരിക്കും ഉദാഹരണത്തിൽ ചില ബൈക്കുകൾ ഉണ്ട് അത് ദീനും ഇസ്ലാമുള്ള ഒരാൾ വലിയ ശബ്ദവും വലിയ ഒച്ചയുള്ള വണ്ടികൾ ഒരാൾ അത് ആ വണ്ടി എടുത്ത് ഓടിച്ചാൽ അത് അയാളുടെ മുറുഖത്തിന് വിരുദ്ധമാണ് അയാളുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് വിരുദ്ധമാണ് നാട്ടിൽ ഹയറിന്റെ നന്മയുടെ ആളുകൾ എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയാണ് ഒരു മുസ്ലിം നടക്കേണ്ടത് അത് ഇസ്ലാമിലെ മര്യാദകൾപ്പെട്ടത് അതിനകത്ത് മുറുഅത്ത് എന്ന് പറയാം മുറുഹത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇസ്ലാമിൽ അനുവദനീയമായ കാര്യങ്ങളായിരിക്കും പക്ഷെ നാട്ടിൽ നന്മയുള്ള ആളുകൾ ചെയ്യാത്തത് ഒരു മുസ്ലിം അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും അത് അവന്റെ ഈമാനിന്റെ പൂർണതയുടെ ഭാഗമാണ് അപ്പോ ഷിയാറ് അതിൽ നിന്ന് റസോള വിട്ടുനിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് റസോൾയുടെ കാലഘട്ടത്തിൽ സല്ല അള്ളാഹുഅലൈ വസ്ല്ലം പൊതുവെ കവികൾ തിന്മയുടെ ആളുകളായി അറിയപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ റസൂലാകട്ടെ ആ ഗണത്തിലേക്ക് ചേർക്കപ്പെടുക എന്നത് യോജിച്ചതായിരുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം റുആാൻ അറബികളുടെ ചരിത്രത്തിൽ എല്ലാ സാഹിത്യങ്ങളെയും കളയുന്ന സാഹിത്യമാണ് റുഹാനിൽ ഉണ്ടായത് അള്ളാഹുവിന്റെ റസൂലാകട്ടെ ഒരിക്കൽ പോലും കവിത പറഞ്ഞിട്ടില്ല അവരുടെ സാഹിത്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് കവിത റസൂൽ ഒരിക്കൽ പോലും ഒരു കവിത പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു റസൂൽ അങ്ങനെയുള്ള ഒരാൾ സാഹിത്യത്തെ അത്ഭുതപ്പെടുത്തുന്ന അറബ് സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഒരു കാര്യവുമായി വരിക എന്നത് ഇത് മഹമ്മദ്ാഹു അലിഹി വസ്ല്ലം എഴുതിയുണ്ടാക്കിയതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ശരി അപ്പോൾ പറഞ്ഞു വന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസല്ലം അവിടുത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ മ്ളേച്ചതുകളിൽ നിന്നും അങ്ങേയറ്റം അകന്ന് നിന്ന് അകന്നു അതുകൊണ്ട് സഹോദര നമ്മുടെ റസൂലിനെ നാം പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്റെ ചുറ്റുപാടുള്ള ആളുകൾ മോശമാണ് എന്ന് പറയാതിരിക്ക എന്റെ വീട് എങ്ങനെയാണ് എൻറെ അയൽവാസികൾ എങ്ങനെയാണ് എന്റെ കൂട്ടുകാരിങ്ങനെയാണ് എൻറെ നാട് ഇങ്ങനെയാണ് ഇതൊന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നന്മയിൽ ഉറച്ചു നിലകൊള്ളാൻ എനിക്ക് തടസ്സമല്ല കാരണം ഏറ്റവും മോശമായ സമൂഹത്തിൽ നമ്മുടെ റസൂർ സാഹു അലഹു വസ്ല്ലം ഏറ്റവും നല്ലവരായി ജീവിച്ചു കാണിച്ചെന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും പറയരുത് എന്റെ ചുറ്റുപാട് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാ എന്ന് പറയരുത് സാതി അനുഹ് അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾ കൂടെ കൂടികളാവരുത് ജനങ്ങൾ എങ്ങനെയാണോ അതുപോലെ അങ്ങനെയാവരുത് ജനങ്ങൾ നന്നായാൽ നീ നന്നാവ ജനങ്ങൾ മോശമായാൽ നീ മോശമാവാ അങ്ങനെ ആവാൻ പാടില്ല മറിച്ച് നിനക്ക് നിന്റേതായ ദീനും സ്വഭാവവും സംസ്കാരവും നന്മകളും ഉണ്ടായിരിക്കണം ജനങ്ങൾ മോശമായാലും ഇല്ലെങ്കിലും അതൊരു മുസ്ലിമിന്റെ അടയാളങ്ങളിൽ പെട്ടത് അതുകൊണ്ട് ഒരിക്കലും അവൻ പറയരുത് അവൻ ചെയ്തതുകൊണ്ട് ഞാനും ചെയ്തു എന്ന് പറയരുത് അവൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ നിനക്ക് നിന്റെ വടിയുണ്ട് അത് നബിസൊല്ലാഹു അലി ഹുസല്ലമ്മയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്ന പാഠമാണ് ഹസു ഷീറയിൽ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു സംഭവമാണ് ഹർബുൽ ഫിജാ ഹർബുൽ ഫിജാർ എന്ന് പറഞ്ഞ ഹർബ് എന്നാൽ യുദ്ധം ഹർബുൽ ഫിജാർ എന്നാൽ ഓറൈശികൾക്ക് ഇടയിൽ നടന്ന ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ മക്കാർക്ക് നടന്ന ഒരു യുദ്ധമാണ് അതിന് കാരണമായത് ഒറൈഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ചിലർ കൊന്നു എന്നതാണ് പിന്നെ അതിന് പകരം കൂട്ടുന്നതിനു വേണ്ടിയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് ഹർബുൽ ഫിജാർ നബിസല്ലാഹ് അലഹി വസ്ല്ലമക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് റസൂളുകൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ആ യുദ്ധം അവസാനിക്കുന്നത് അഞ്ചു വർഷം ആ യുദ്ധം അവർക്കിടയിൽ നിലനിന്നിട്ടുണ്ട് വളരെ ഒരു അർത്ഥമില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി തുടങ്ങിയ യുദ്ധം ആ യുദ്ധം അഞ്ചു കൊല്ലം മക്കയിലെ മുഷിരിക്കുകൾ അഞ്ചു കൊല്ലം ഈ യുദ്ധത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു നബിസല്ലാഹു അലി വസ്ല്ലം ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം അവർക്ക് അമ്പെത്തിച്ചു കൊടുത്തിരുന്നു അവർക്ക് പുറേശികൾ അവർക്ക് റസൂർ അള്ളാഹി സല്ലാഹു അലി അമ്പുകൾ എത്തിച്ചു കൊടുത്തിരുന്നു പണ്ഡിതന്മാർ പറഞ്ഞതിന് കാരണമായത് മക്ക ഇസ്ലാ മക്ക അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഏറ്റവും ആദരണീയമായ മസ്ജിദ് നിലനിൽക്കുന്ന നാടാൻ അതിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നബിസൊല്ലാഹു അലി വസ്ല്ലം ഈ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹർബുൽ ഫിജാർ എന്നത് നബിസൊല്ലാഹു അലി വസ്വല്ലമയുടെ ചെറുപ്രായത്തിൽ നടന്ന യുദ്ധമാണ് റസൂൽ വസ്ല്ലം അതിൽ ചെറിയ രൂപത്തിൽ പങ്കെടുത്തത് ഹരീദുകളിൽ ചിലതിൽ ഹർബുൽ ഫിജാർ അത് റസൂല ഇരുപതാമത്തെ വയസ്സിലാണ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞു ഒരു സംഭവം ഉണ്ടായി യമനിൽ നിന്ന് ഒരാൾ അയാളുടെ കച്ചവട ആവശ്യത്തിനു വേണ്ടി മക്കയിലേക്ക് വന്നു അയാളുടെ പേര് സുബൈദി എന്നായിരുന്നു അയാൾ യമനിയൻ അയാൾ മക്കയിലേക്ക് വന്ന് മക്കയിലുണ്ടായിരുന്ന അലാസുബിൻ എന്നു പേരുള്ള ഒരാളുമായി കച്ചവടം നടത്തി അയാളുടെ മുതലിൽ ആസുബിൻ കൊടുത്തു എന്നാൽ ആ സുബിൻ വാൽ അയാൾ സുബൈദിനെ വഞ്ചിച്ചു യമനിയെ വഞ്ചിച്ചു അയാൾ പൈസ കൊടുക്കാൻ തയ്യാറായില്ല ആളുടെ സാധനം പിടിച്ചു പൈസ കൊടുക്കുന്നില്ല ഇയാൾ ഈ ആസുബിൻ വായിൽ എന്നയാൾ ക്രൊയേഷ്യകളുടെ നേതാക്കന്മാരിൽപ്പെട്ടയാളാണ് അങ്ങനെ ഇദ്ദേഹം ഈ സുബൈദ് അദ്ദേഹം മക്കയിലുള്ള പല ആളുകളെയും നേരിട്ടിൽ പോയി കണ്ടു തന്റെ സമ്പാദ്യം ഇന്നയാൾ തട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങളെ സഹായിക്കണം പേരിൽ അദ്ദേഹം പലരെയും പോയി കണ്ടു അവരാരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ അദ്ദേഹം കബയുടെ അടുക്കൽ വന്നുനിന്ന് അടുത്ത ദിവസം പുലർച്ചെ സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിൽ മക്കക്കാർ ഒരുമിച്ച് കൂടിയ വേളയിൽ ഒരു ഉയരമുള്ള പ്രദേശത്ത് അദ്ദേഹം ഒരു കവിതപാടി തന്റെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ഇയാൾ ചെയ്തോ മുൾമു പറഞ്ഞുകൊണ്ട് ഒരു കവിത പാടി അത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന മക്കയിലെ പുറേശ്ശികളായിരുന്ന ചിലയാളുകൾ അവർ ഇയാളുടെ കവിത കേട്ടപ്പോൾ അവർ എഴുന്നേൽക്കുകയും അയാളുടെ അവകാശം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആ സുബിന് വായിലിന്റെ അടുക്കൽ പോവുകയും ചെയ്തു അങ്ങനെ സുബൈദിന് ഈ പറഞ്ഞ അവകാശം തിരിച്ചു കൊടുത്തതിന് ശേഷം മക്കയിലെ പുറൈഷികളിൽപ്പെട്ട ചില ആളുകൾ അവർ അബ്ദുള്ള ഒരാളുടെ വീട്ടിൽ ഒരുമിച്ചുകൂടി അബ്ദുല്ലാ ഹബിൻ കുറച്ച് നാം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ അറബികൾക്കിടയിൽ ധാരാളം സമ്പാദ്യം ദാനം ചെയ്തിരുന്നയാളാണ് പക്ഷെ അയാൾ മുസ്ലിമായിരുന്നില്ല അതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കും എന്ന് നബ്സു അലഹി വസ്ല്ലാം അറിയിച്ച വ്യക്തിയാണ് അബ്ദുല്ലാ ഹബിൻ അബ്ദുള്ള വീട്ടിൽ പുറൈഷികളിലെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി അള്ളാഹുന്റെയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെ വെച്ച് ഹെൽഫുൾ ഫുൾ എന്ന പേരിലുള്ള കരാർ അതിലേർപ്പെട്ടു ഹെൽപ്പ് ഫുൾ ഫുൽ എന്ന കരാർ കുറേശികളുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട കരാറുകളിലൊന്നാണ് ആ കരാറിന്റെ ചുരുക്കം ഇതാണ് നമ്മുടെ നാട്ടിൽ മക്കയിൽ ആരെങ്കിലും വരികയും അയാൾക്ക് എന്തെങ്കിലും ഒരു അതിക്രമം നേരിടേണ്ടി വരികയും ചെയ്താൽ അയാളുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതായിരുന്നു ആ കരാറിന്റെ ചുരുക്കം അതാണ് അവിടുത്തെ ഹദീസുകളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും പറഞ്ഞു ഞാൻ അബ്ദുല്ലാബിൻറെ വീട്ടിലുള്ള കരാറിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഇസ്ലാം ആയിരിക്കെ മുസ്ലിം ആയിരിക്കെ എനിക്ക് ഞാൻ നബി ആയതിനു ശേഷം അതിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ ആ സ്വീകരിക്കുമായിരുന്നു എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞതായി ഹദീഫിട്ടിട്ടുണ്ട് ഈ ഹെൽപ്പ് ഫുൾ ഫുബോൾ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലഹി വസ്ല്ലം ഈ കരാർ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ചുരുക്കം ഇതാൻ ആർക്കാണോ അതിക്രമം മക്കയിൽ നേരിടേണ്ടി വരുന്നത് അവരുടെ അതിക്രമം അവർക്ക് നേരിടേണ്ടി വന്ന ആ പ്രയാസം അതിൽ മക്കയിലെ നേതാക്കന്മാരായ ആളുകൾ അവർ തീരുമാനിച്ചു നമ്മളത് തിരിച്ചു വാങ്ങിക്കൊടുക്കും ഈ സംഭവത്തിൽ മുസ്ലിമികളായ നമുക്ക് വലിയൊരു പാഠമുണ്ട് അതെന്താണ് റസൂർള്ളി സ്വലാസല്ലം അവിടുന്ന് ജീവിച്ചിരുന്ന ആ കാലഘട്ടം ജാഹലീയ കാലഘട്ടം ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു എന്നിട്ട് അവർ അവരുടെ മനസ്സിലെ സുത്രത്ത് കാരണത്താൽ അവരുടെ മുന്നിൽ നടക്കുന്ന ഒരു അതിക്രമം അതിനെതിരെ പ്രതികരിക്കാനും ആ അതിക്രമിയുടെ കൈപിടിക്കാനും തയ്യാറായി എങ്കിൽ കാലഘട്ടത്തിൽ അവർ തയ്യാറായി എങ്കിൽ നാം അതിക്രമങ്ങൾക്കെതിരെ എങ്ങനെ നിലകൊള്ളണം വാലിമിന്റെ കൈപിടിക്കുക എന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മാത്രം വലിയ ബാധ്യതയാണ് പല ആളുകളും ചില ഓർമ്മകൾ കണ്ടുകഴിഞ്ഞാൽ അതിൽ ഇടപെടുക പോലുമില്ല കാരണം ചിലത് അവന് ചെയ്യാവുന്ന കാര്യമാണ് വലിയ ഫിത്തിനൊന്നും ഉണ്ടാവില്ല അവനെ സംബന്ധിച്ചിടത്തോളം തടയാൻ പറ്റിയ ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് യാത്രയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി പ്രയാസങ്ങൾ ചില ആളുകൾ അവനവന്റെ കാര്യം നോക്കി ഉണ്ടാതിരിക്കാനല്ലാതെ അവന് ഇടപെടാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട ഒരാൾ അന്യായമായി മർദ്ദിക്കുന്നത് കണ്ട ഒന്ന് അത് ചെയ്യാതിരിക്കു പറയാനെങ്കിലും പലരും നാവ് മക്കയിലെ പുറേശികൾ അവർ ജാഹലി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിട്ട് കൂടി വോൽമ് അതിനെതിരെ നിൽക്കാൻ അതിക്രമത്തിനെതിരെ നിൽക്കാൻ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഉള്ള നമ്മൾ എപ്രകാരമായിരിക്കണം വലിയ പാഠമാണ് വോൽമിനെതിരെ പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതവന്റെ കൈകൊണ്ട് എടുത്തു മാറ്റട്ടെ കൈകൊണ്ട് മാറ്റിക്കളയട്ടെ സബിൽ അവന്റെ കൈ സാധിക്കില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് ചെയ്യട്ടെ അതിലും സാധിക്കില്ലെങ്കിൽ അവന്റെ കൽബു കൊണ്ടെങ്കിലും ചെയ്യട്ടെ അത് ഇമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് അപ്പൊ തിന്മ കണ്ടിട്ടൊരു മുസ്ലിമിന്റെ മനസ്സിൽ യാതൊരു പ്രയാസമുണ്ടാവില്ല അതൊരു സാധാരണ കാര്യം എന്ന രൂപത്തിൽ അവൻ അതിനെ ഒട്ടേച്ചു പോവുക എന്നത് യോജിക്കുന്ന കാര്യമല്ല നമുക്ക് യോജിക്കുന്ന കാര്യമല്ല കാരണം ജാഹ്ലി ആ കാലഘട്ടത്തിലുള്ളവർ വരെ വോൽമ് കണ്ടപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് ചില വോൽമുകൾ കണ്ടപ്പോൾ അപ്പോൾ മുസ്ലിമായ ഒരാൾ അയാൾക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടായിരിക്കണം ചിലപ്പോൾ അവന്റെ സഹോദരൻ ചിലപ്പോൾ അവന്റെ അയൽവാസി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കണ്ടിരിക്കെ ഒന്നും ഉണ്ടാതിരിക്കുക ഒന്നും അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും അവനതിലേക്ക് ഏർപ്പെടാൻ ഒരു നിലക്കും ശ്രദ്ധിക്കാതിരിക്കുക എത്ര മോശമായ കാര്യമാണ് ഇന്ന് അവരുടെ കാര്യത്തിലേക്ക് ചുരുങ്ങാൻ അത് പാടില്ല എന്നതിന് ഈ സംഭവം സാക്ഷിയാണ് ഈ സംഭവം തെളിവാണ് അതോടൊപ്പം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ ഹെൽപ്പ്ഫുൾ ഫുബൂൽ ഈ സംഭവം അത് ചില ആളുകൾ